ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ലൂക്കോസിൻ്റെ സുശേഷം നാലാം അധ്യായത്തിലേക്കാണ് വരുന്നത് നാലാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മൂന്ന് നിലയിൽ പരീക്ഷിച്ചതിൻ്റെ ഒരു നേർചിത്രമാണ് അവിടെ കാണുന്നത് ഇതേ കാര്യം തന്നെ മത്തായി എഴുതിയ സുവിശേഷ നാലാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ പക്ഷേ രണ്ടും മൂന്നും പരീക്ഷകൾ ക്രമം തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ലൂക്കോസ് നാലിലേക്ക് തന്നെ വരാം ലൂക്കോസ് നാലില് കർത്താവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന ആ പ്രലോഭനങ്ങൾ പിശാചി കൊണ്ടുവന്നത് എന്തൊക്കെയായിരുന്നു ഒന്നാമതായിട്ട് കർത്താവ് നാൽപ്പത് ദിവസം അവിടുന്ന് ഉപവാസം കഴിഞ്ഞപ്പോൾ തനിക്ക് വിശന്നു വിശന്നേ ആ സന്ദർഭത്തിൽ പിശാജ് അവ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു നീ ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിപ്പാനായിട്ടാണ് പറയുന്നു കല്ലിനെ അപ്പമാക്കി ഭക്ഷിപ്പാനുള്ള അവൻ്റെ ആ നിലയിലുള്ള പ്രലോഭനത്തെ കർത്താവായ യേശു ഒരു വേദവചനം ഉദ്ധരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് ആവർത്തന പുസ്തകം എട്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് അവനോട് പറയുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ തോൽപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്ത് അവന് രണ്ടാമതൊരു പരീക്ഷയിലേക്ക് കടക്കുന്നു ഉടനെ തന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണ കാണിച്ചു ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കെ എന്നാണ് അവൻ പറഞ്ഞത് പിശാജൊരു കള്ളം പറയായിരുന്നു അല്ല നമുക്കറിയാം പിശാജിന് ദൈവ കർത്താവിൻ്റെ അടുത്ത് കള്ളം പറയാൻ ഒക്കുകയില്ല ഈ ലോകമെല്ലാം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവനാണ് ഈ ലോകത്തിൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞത് ശരിയാണ് യോഹന്നാന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാം വാക്യം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം പതിനാറാമത്തെ അധ്യായം യോഹന്നാൻ പതിനാറിൻ്റെ പതിനൊന്ന് ഈ വാക്യങ്ങൾ നോക്കുക ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയായിട്ട് പിശാജാണ് ഇന്നായിരിക്കുന്നത് മനുഷ്യൻ പാപത്തിൽ വീണതിൻ്റെ ഫലമായിട്ട് സാത്താൻ ഈ ഭരണാധികാരിയായി തീർന്നു ഈ ലോകത്തിൻ്റെ ദൈവം എന്നാണ് അവനെ രണ്ട് കോരിന്റർ നാലിൻ്റെ നാലില് വിളിച്ചിരിക്കുന്നത് ആകാശത്തിലെ എന്നാണ് അവനെ എഫ് സർ രണ്ടിൻ്റെ രണ്ടില് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പിശാജിന്റെ അധീനതയിലേ കിടക്കുന്നു ഇനിയും ഈ ലോകത്തിൻ്റെ കർത്തൃത്വം കർത്താവായ യേശു ക്രിസ്തുവിന് വീണ്ടും ആകുന്ന ഒരു ദിവസം വരാൻ പോകുന്നതേ ഉള്ളു വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ പതിനഞ്ചില് ആ കറിയൊരു സന്ദർഭം വരുന്നതിനെ നമ്മൾ കാണുന്നു കർത്താവ് സർവ്വലോകത്തിൻ്റെയും കർത്തൃത്വമേറ്റെടുക്കുന്നു പക്ഷേ കർത്താവ് ക്രൂശിലൂടെ അങ്ങനെ ചെയ്യുന്നതിന് ഒരു എളുപ്പവഴി ഇവിടെ സാത്താൻ നിർദ്ദേശിക്കുകയാണ് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി സിംഹാസനത്തിലേക്ക് നിനക്ക് കയറാം നീ ക്രൂശിനെ ഒഴിവാക്കാനായിട്ട് നിനക്ക് കഴിയും എന്നാൽ പറഞ്ഞു എന്നാൽ കർത്താവ് അവിടെയും ഒരു ദൈവജനം ഉദ്ധരിക്കുകയാണ് ആവർത്തന പുസ്തകം ആറിൻ്റെ പതിമൂന്ന് താൻ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് താൻ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാനും സേവിക്കാനും പാടുള്ളൂ എന്നുള്ള കാര്യം പിശാദിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ പരീക്ഷയിൽ സാത്താന് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി എന്നിട്ട് താഴേക്ക് തന്നെത്താനായിട്ട് ചാടാനായിട്ട് നിർദ്ദേശിച്ചു ഇവിടെ നമ്മൾ നോക്കണം നേരത്തെ ഒന്നും രണ്ടും പരീക്ഷകളിൽ കർത്താവ് രണ്ട് വേദവചനങ്ങൾ ഉദ്ധരിച്ചു ആവർത്തനം എട്ടിൻ്റെ മൂന്നും ആറിൻ്റെ പതിമൂന്നും ഉദ്ധരിച്ചു അതുകൊണ്ട് ഈ മൂന്നാമത്തെ പരീക്ഷ സാത്താൻ കൊണ്ടുവന്നപ്പോൾ അവൻ ദൈവവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മൂന്നാമത്തെ പരീക്ഷ കൊണ്ടുവരുന്നത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അവൻ ഉദ്ധരിക്കുന്നു നിന്നെ കാൽപ്പാ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും നിൻ്റെ കാലെ കല്ലിനോട് തട്ടാതെണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നുള്ള തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പതിനൊന്ന് പന്ത്രണ്ട് ഉദ്ധരിച്ചു കൊണ്ടാണ് യേശുവിനോട് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടാൻ സാത്താൻ ആവശ്യപ്പെടുന്നത് കണ്ടോ നേരത്തെ രണ്ട് തവണ കർത്താവ് ദൈവോചനം ഉദ്ധരിച്ചപ്പോൾ ഇപ്പോൾ അവനും മനസ്സിലായി ദൈവോചനം ഉദ്ധരിച്ചാൽ ഒരുപക്ഷേ കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ച് അവൻ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ദൈവോചനം ഉദ്ധരിക്കുന്നവരെല്ലാം ദൈവമക്കളാകണമെന്നില്ല സാത്താൻ വരെ ദൈവോചനം ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ വേറൊരു ദൈവവചനഭാഗത്തിൻ്റെ അർത്ഥം കൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത് മഷിഹ തൻ്റെ ആലയത്തിലേക്ക് ദേവാലയത്തിലേക്ക് പെട്ടെന്ന് വരും പെട്ടെന്ന് വരും എന്നാണ് മലാഖി മൂന്നിൻ്റെ ഒന്ന് പറയുന്നത് അപ്പം യേശു ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടി ഒരു അപകടവും കൂടാതെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ ആ മഷിഹ പെട്ടെന്ന് തൻ്റെ ആലയത്തിലേക്ക് വരും എന്ന് മലാഖി പ്രവചിച്ചത് ശരിയാണല്ലോ അപ്പോൾ ഇവനാണ് വാഗ്ദത്ത മഷിഹ എന്ന ദേവാലയത്തിലുള്ള ശാസ്ത്രിമാരും പുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ മനസ്സിലാക്കി യേശുവിനെ അംഗീകരിക്കും എന്നൊരു സാധ്യത കൂടെ അവിടെയുണ്ട് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞെങ്കിലും കർത്താവ് ഇത്തവണയും മൂന്നാമത്തെ പ്രാവശ്യവും ദൈവവചനമുദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് അവനെ തോൽപ്പിക്കുന്നത് അവിടെയും ആവർത്തന പുസ്തകം ആറാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന വാക്യം ഉദ്ധരിച്ച് ആത്മാവിൻ്റെ വാളായ ആ ദൈവവചനം ഉപയോഗിച്ചാണ് പിശാജിനെ കർത്താവ് തോൽപ്പിക്കുന്നത് ഈ പരീക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതിൻ്റെ ഒന്നാമത്തെ പരീക്ഷ ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ് അതായത് കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തേത് ദേഹിയെ സംബന്ധിച്ചുള്ളതാണ് ഈ കാണുന്ന ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം നിനക്ക് ലഭിക്കും എന്നുള്ളത് അങ്ങനെ ഉള്ള ഒരു പരീക്ഷയാണ് മൂന്നാമത്തേത് ആത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു പരീക്ഷയാണ് എന്ന് കാണാൻ കഴിയും അല്ലെങ്കിൽ അവയെ നമുക്ക് ഒന്ന് യോഹന്നെ രണ്ടിൻ്റെ പതിനാറുമായിട്ട് താരതമ്യം ചെയ്താൽ ഈ മൂന്ന് പരീക്ഷകളും ജഡമോഹവും കണ്മോഹവും ജീവനത്തിൻ്റെ പ്രതാപവുമാണ് ഉദ്ദേശിച്ചത് എന്ന് കാണാൻ കഴിയും ജഡമോഹം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആഗ്രഹം കണ്മോഹം ഇതിനെ മുഴുവൻ കാണിച്ചു അതുപോലെ ജീവിതത്തിൻ്റെ നികളം ഇതാണ് നിനക്ക് വാഗ്ദാ തമശിഹ എന്ന സ്ഥാനം ലഭിക്കും ഇങ്ങനെയുള്ളതാണ് അവൻ കൊണ്ടുവന്നത് ഇന്നും പിശാച്ച് ഈ മൂന്ന് പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്കെതിരെയും കൊണ്ടുവരുന്നത് അവന് ഇതേ പരീക്ഷകളാണ് ഹവ്വായുടെ കാലം മുതൽ ഇന്ന് ഇന്ന് വരെ എല്ലാവരുടെയും അടുത്ത് കൊണ്ടുവരുന്നത് അവൻ ഇതേ പരീക്ഷകളാണ് ഒന്നുകിലും ജഡമോഹം അല്ലെങ്കിൽ ജഡമോഹം എന്നു പറയുമ്പോൾ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക അത് ഭൗതികമായതാകാം അല്ലെങ്കിൽ വികാരപരമായ ആഗ്രഹങ്ങളാകാം അതിനെയൊക്കെ തെറ്റായ നിലയിൽ തൃപ്തിപ്പെടുത്തുക അധികാരത്തിനും സ്ഥാനത്തിനുമായിട്ടുള്ള ആഗ്രഹം പൊതുവായിട്ടുള്ള അംഗീകാരത്തിനായിട്ടുള്ള ആഗ്രഹം ഇതിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതാണ് അടുത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു എളുപ്പവഴി തിരഞ്ഞെടുക്കുന്നത് ലോകത്തിലൊരു പ്രധാന സ്ഥാനം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ സഭയിൽ ഒരു ഉന്നത സ്ഥാനം ലഭിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള ശ്രമങ്ങൾ ഇതെല്ലാം തെറ്റായ നിലയിലുള്ള കുറുക്കുവഴികൾ തേടിയുള്ള എല്ലാ കാര്യങ്ങളും പിശാചിൽ നിന്നാണ് അവനാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് അർഹതപ്പെട്ടതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരളവിലെ നികളമാണ് ഈ നികളമാണ് പിശാചിൻ്റെ എല്ലാ ആയുധങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യം നികളമാണ് പിശാജ് പിശാജായത് നികളത്തിലൂടെയാണെന്ന് നമുക്കറിയാമല്ലോ ഈ പിശാജ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രധാന ദൂതനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന ദൂതനായിരുന്നു അവൻ എന്ത് ചെയ്തു അവൻ ഞാൻ ദൈവത്തെ പോലെ എന്ന് പറഞ്ഞ് അവനെ ആക്കി വെച്ചെടുത്ത് തൃപ്തിയില്ലാതെ അതിന് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് നിഗളം വന്നപ്പോഴാണ് അവനെ ലൂസിഫറിനെ ദൈവം തള്ളിക്കളഞ്ഞതും അവൻ പിശാചായി മാറിയതും ഈ കാര്യം ഏഷ്യാവിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം ഏസ്കെയിൽ ഇരുപത്തെട്ട് എന്നിവിടങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നോക്കുമ്പോൾ നികളത്തെ പറയുന്നുണ്ട് താഴ്മയും താഴ്മയിലുള്ളവർക്ക് കൃപ കൊടുക്കും നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പിശാചിനെക്കുറിച്ചാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് ഒന്ന് പത്രവും സഞ്ചിൻ്റെ അഞ്ചാമധ്യായത്തിൽ നമ്മൾ ഏഴ് എട്ട് ആറ് ഏഴ് എട്ട് വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെയും ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുകയും നികളികളോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പിശാചിനെക്കുറിച്ചും സാത്താന്നെക്കുറിച്ചുമാണ് പറയുന്നത് അപ്പം നോക്കുക സാത്താൻ നികളത്തോട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ് അവൻ പിശാലായി തീർന്നത് നികളത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് അർഹതയല്ലാത്ത ഒരു കാര്യം നേടാനായിട്ടുള്ള ആ നികളം എന്നുള്ള ആയുധമാണ് അവൻ്റെ ഒരു പ്രധാന ആയുധം അതുപോലെ അതവൻ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് ഇവൻ ഈ ആകർഷണങ്ങൾ കൊണ്ടുവരും ഇതാണ് പിശാചിൻ്റെ തന്ത്രങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് എങ്ങനെയാണ് ഇവനെ ജയിച്ചത് ഒന്ന് ദൈവവചനത്തിൽ ഒതുങ്ങി നിന്നു താഴ്മയിൽ നിന്നു അങ്ങനെ പിശാചിനെ ജയിച്ചു നമുക്കും നമ്മുടെ പരിധിക്കകത്ത് താഴ്മയിൽ നിൽക്കുകയും അവൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്താൽ നമുക്കും അവനെ ജയിക്കാനായിട്ട് കഴിയും ഈ തന്ത്രങ്ങളല്ലാതെ പുതിയതൊന്നും അവൻ കൊണ്ടുവരികയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവിൻ്റെ ജയം നമുക്കളെ ആ നിലയിൽ നമ്മളെ കൂടുതൽ ധൈര്യവും നമുക്ക് നൽകട്ടെ അതുപോലെ തന്നെ കർത്താവ് പരീക്ഷിതനായതുകൊണ്ട് എബ്രായർ രണ്ടിൻ്റെ പതിനെട്ട് അനുസരിച്ച് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന നമ്മളോട് കരുണ കാണിപ്പാൻ നമ്മളെ സഹായിപ്പാൻ കഴിവുള്ളവനും അവിടെ നായിത്തീർന്നിരിക്കുന്നു എന്ന കാര്യവും നമുക്ക് വലിയ ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പിശാജിനാൽ നമ്മൾ പറഞ്ഞത് പിശാജിൻ്റെ ഈ പരീക്ഷകൾ പരീക്ഷകൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ചിത്രം മാത്രമാണ് മൂന്നെണ്ണം പിശാജ് കൊണ്ടുവന്നത് മാത്രമാണ് ഇവിടെ എടുത്ത് നമുക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ കർത്താവ് ഈ നിലയിൽ പരീക്ഷിക്കപ്പെട്ടതിൻ്റെ പ്രയോജനം ഗുണഫലം നമുക്കാണ് ലഭിച്ചിരിക്കുന്നത് നമ്മൾ എബ്രാഹർ രണ്ടിൻ്റെ പതിനെട്ട് എബ്രായർ നാലിൻ്റെ പതിനഞ്ച് ഇതൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവിടുന്ന് നമ്മളോട് സഹതാപം കാണിപ്പാൻ അവിടുത്തേക്ക് കഴിയും മാത്രമല്ല നമ്മെ സഹായിപ്പാൻ അവിടുന്ന് ആ നിലയിലെ കഴിവുള്ളവനാണ് കാരണം താൻ തന്നെ ഇതേ കാര്യത്തിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ കർത്താവ് കടന്നുപോയ കൺമോഹം ചെയടമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതേ കാര്യങ്ങളും അതുപോലെ തന്നെ നികളവുമായി ബന്ധപ്പെട്ടതും ഒക്കെയാണ് നമ്മളിന്ന് അഭിമുഖീകരിക്കുന്നത് പലതരത്തിലുള്ള വ്യത്യസ്തമായ പ്രലോഭനങ്ങളിലൂടെയാണ് എന്നുള്ളതേ ഉള്ളു അടിസ്ഥാനപരമായി പിശാചു കൊണ്ടുവരുന്ന എല്ലാ പ്രലോഭനങ്ങളും ഈ കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു അതുകൊണ്ട് കർത്താവിന് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പ്രയാസങ്ങൾ മനസ്സിലാകും അവിടുന്ന് നമ്മളെ സഹായിപ്പാൻ ശക്തനാണ് അവിടുന്ന് നമ്മളോട് സഹതാപം കാണിപ്പാൻ അവിടുന്ന് ആ നിലയിൽ താല്പര്യമുള്ളവനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണഫലം അപ്പോൾ കർത്താവ് പരീക്ഷിക്കപ്പെട്ടതിൻ്റെ ഗുണം നമുക്കാണ് ലഭിച്ചത് നമ്മളതിൻ്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പിശാജെ സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് വിട്ടുമാറി മത്തായി എഴുതിയ സുശേഷം നാലാമധ്യായത്തിൽ ഇതേ കാര്യം തന്നെ കർത്താവിനെ പിശാച വിട്ടുപോയ ആ രംഗത്ത് കർത്താവ് അവിടെ ഒരു വേദവചനം ഉദ്ധരിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് സാത്താനെ എന്നെ വിട്ടുപോകൂ കെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്നൂടെ പറഞ്ഞു ഉടനെ പിശാജ അവനെ വിട്ടുപോയി എന്ന് കൂടുതൽ വ്യക്തതയോടെ അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി നാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവിടെ കർത്താവ് എന്തോ പറയുന്നു സാത്താനെ എന്നെ വിട്ടുപോകും എന്നുള്ള കാര്യം പിശാജെ എന്നെ വിട്ടുപോകും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു ലൂക്കോസ് ആ ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും കർത്താവ് പിശാചിനോട് നീ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞെടുത്തുനിന്ന് നമുക്ക് വേറൊരു ചിന്ത നമുക്കെടുക്കാനായിട്ട് കഴിയും മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഈ ഇപ്പോൾ പിശാചിനോട് പറഞ്ഞ അതേ വാക്ക് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് മത്തായി നാലിൻ്റെ പത്തിൽ പറഞ്ഞ അതേ പ്രയോഗം തന്നെ മത്തായി പതിനാറിൻ്റെ ഇരുപത്തി മൂന്നിലെ കർത്താവ് പറയുന്നു അത് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞത് സാത്താനോട് അല്ല മറിച്ച് തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനോടാണ് കണ്ടോ ഇത് നമ്മളെ ഒരളവിൽ അത്ഭുതപ്പെടുത്തുന്നില്ലേ അവിടെയും ഈ ആ ഭാഗം നോക്കുക അതിൻ്റെ ഈ പതിനാറിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂപ്പന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ താൻ പലതും സഹിക്കുകയും മൂന്നാം നാൾ കൊല്ലപ്പെ കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നിൽക്കുകയും വേണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി പ്രസ്താവിച്ചു തുടങ്ങി ഉടനെ പത്രോസ് യേശുവിനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി കർത്താവെ അത് അരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച് തുടങ്ങി ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് ഗോഡ് ബി മേഴ്സിഫുൾ ടു യു ലോഡ് കർത്താവെ അതരുതേ എന്നുള്ളത് കർത്താവെ നീ നിന്നോട് തന്നെ കരുണ കാണിക്കണമേ നിനക്കത് സംഭവിക്കരുതേ അങ്ങനെയുള്ള മരണം നിനക്ക് സംഭവിക്കരുതേ എന്നാണ് പത്രോസ് യേശുവിനോട് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയുന്നു സാത്താനെ എന്നെ വിട്ടുപോ എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെ കണ്ടത് സാത്താനോട് മുഖാമുഖം സംസാരിച്ച മത്തായി നാലിൻ്റെ പത്തിലാണ് അതേ വാക്ക് തന്നെ എടുത്ത് ഇവിടെ ഇതാ തൻ്റെ പ്രിയ ശിഷ്യനോട് പറയുന്നു അതെന്താണ് പ്രിയ ശിഷ്യനോട് സാത്താനെ എന്നെ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞതിന് കാരണമെന്താ പ്രിയപ്പെട്ടവരെ കർത്താവിന് മനസ്സിലായി തൻ്റെ പ്രിയ ശിഷ്യനിലൂടെയാണെങ്കിലും സാത്താനാണ് തന്നോട് ഒരു എളുപ്പവഴി നോക്കാനായിട്ട് പറയുന്നത് ഇവിടെ ക്രൂശിനെ ഒഴിഞ്ഞു പോയി ഒരു എളുപ്പത്തിൽ ആളുകളുടെ അംഗീകാരവും സിംഹാസനവും നേടാനുള്ള പ്രലോഭനമായിരുന്നല്ലോ പിശാചിൻ്റെ മൂന്ന് പ്രലോഹനങ്ങളും അല്ലെങ്കിൽ അതിലെ ഒടുവിലത്തെ രണ്ട് പ്രലോഹനങ്ങളെങ്കിലും അങ്ങനെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഇത് ആ പത്രോസ് ഉന്നയിക്കുന്നത് നിനക്ക് ആ ക്രൂശ് മരണം സംഭവിക്കരുതേ നിന്നോട് തന്നെ കരുണ കാണിക്കണമേ ക്രൂശിനെ ഒഴിഞ്ഞു പോകണമേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അവൻ പിശാചിൻ്റെ മൗത്ത് പീസായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി യേശു പിശാജിനെ തന്നെ അഭിസംബോധന ചെയ്യുന്നു സാത്താനെ എന്നെ വിട്ടുപോകും നീ എനിക്കിടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്നാ പറഞ്ഞു ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവികമായ ഒരു വഴിയിൽ നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ചില പ്രിയപ്പെട്ടവർ തന്നെ വന്ന് നീ നിന്നോട് തന്നെ കരുണ കാണിക്കണേ നീ അങ്ങനെയൊന്നും പോകല്ലേ നീ അങ്ങനെ കൂടുതൽ കഷ്ടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് എളുപ്പവഴികൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരല്ല പിശാചാണ് ദൈവവഴി ഒഴിഞ്ഞ് എളുപ്പവഴി തിരഞ്ഞെടുക്കാനായിട്ട് പ്രലോഭിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇവരുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ആ വാക്കുകളുടെ മുമ്പിൽ നമ്മൾ അടിപ്പെട്ടു പോകരുത് അത് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പത്രോസിനോട് കർശനമായി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളുടെ നേരെയും നമ്മൾ കർശനത്വമുള്ളവരായിരിക്കണം കാരണം അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ പരീക്ഷകൾക്കെല്ലാം ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു താന് പരീക്ഷകളെ നേരിട്ടതിന് ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടെ കണ്ടോ പ്രസംഗ മടങ്ങി വന്നു പരീക്ഷകളെ അതിജീവിക്കുന്നത് വചനശക്തിയോടെ ശുശ്രൂഷിപ്പാൻ നമ്മെയും പ്രാപ്തരാക്കും തുടർന്ന് കർത്താവ് നസ്രത്തിൽ താന് ചെറുപ്പം കാലം കഴിച്ച നശ്രയത്തിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് താന് അവിടെ ഇതാ ശബത്ത് നാളിലെ പള്ളിയിൽ ചെന്ന് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് നിവർത്തി താൻ വന്നതിൻ്റെ ഒരു എന്തിനാണ് താൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം കണ്ടിട്ട് മത്തായി അറുപത്തൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഇങ്ങനെ ഉദ്ധരിക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക അതുപോലെ തന്നെ ബദ്ധന്മാർക്ക് വിടുതല് കുരുടന്മാർക്ക് കാഴ്ച പീഡിതന്മാരെ വിടുവിച്ച് അയക്കുക കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക ഇതിനൊക്കെ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് താനെ പറയുന്നു അത് താൻ നോക്കുക അവിടെ ആ കർത്താവ് പ്രസാദവർഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് താനെ വായന നിർത്തി അതിൻ്റെ അടുത്തത് ദൈവത്തിൻ്റെ പ്രതികാര ദിവസം എന്നുകൂടെ ഏശയ്യാവിൻ്റെ പുസ്തകം അറുപത്തൊന്നിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ പറയുന്നുണ്ട് പക്ഷേ ആ പ്രതികാര ദിവസത്തെക്കുറിച്ചുള്ള കാര്യം കർത്താവ് പറഞ്ഞില്ല കാരണം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു കാരണം ഇപ്പോൾ കൃവായുഗമാണ് കൃവായുഗത്തിൽ പ്രസാദത്തിൻ്റെ സമയമാണ് രക്ഷാദിവസമാണ് ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം എന്നാൽ കർത്താവ് രണ്ടാമത് വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ അന്ന് ദൈവത്തെ അനുസരിക്കാതിരുന്നവർക്ക് അവരോട് പ്രതികാരം ചെയ്യും ദൈവത്തിൻ്റെ പ്രതികാര ദിവസം അന്നായിരിക്കും ഇപ്പോഴേ ദൈവത്തിൻ്റെ പ്രസാദ അതുകൊണ്ടാണ് കർത്താവ് അവിടെ വായന നിർത്തിയത് അതുപോലെ തന്നെ ഒരു വർഷമായിട്ടും പ്രതികാരത്തിൻ്റെ കാലയളവ് ഒരു ദിവസമായിട്ടും പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കണ്ടോ പ്രതികാരം ഒരു ദിവസത്തേക്കേ ഉള്ളൂ പ്രസാദം ഒരു വർഷമായിട്ടാ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ നോക്കുക സുവിശേഷത്തിൻ്റെ ആ മുഴുവൻ ആ അനുഗ്രഹവും അവിടെ പറഞ്ഞിരിക്കുക എന്താ പറയുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അതുപോലെ ബത്തന്മാർക്ക് വിടുതൽ കുരുടന്മാർക്ക് കാഴ്ച പീഡിതന്മാരെ വിടുവിച്ചയക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും ഇന്ന് നമ്മൾ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബത്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിടുതലും ഒക്കെ പ്രസംഗിപ്പാനാണ് കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനാണ് നമ്മെ അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഇതെല്ലാം കർത്താവിൻ്റെ ഈ നിലയിലുള്ള ഒരു ദൗത്യം ഈ കാലഘട്ടത്തിൽ നിറവേറ്റാനാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയല്ല സുവിശേഷം പ്രസംഗിക്കുക തടവിലുള്ളവരെ സ്വതന്ത്രരാക്കുക കുരുട്ട് കണ്ണുകളെ തുറക്കുക ബന്ധനങ്ങളിലായിരിക്കുന്നവരെ മോചിപ്പിക്കുക കർത്താവ് വന്നതെല്ലാം അതിൻ്റെ പ്രയോജനമെല്ലാം മറ്റുള്ളവർക്കായിരുന്നു ഇതെല്ലാം മൂലം കർത്താവ് മറ്റുള്ളവരെ അനുഗ്രഹിച്ചു കർത്താവിൻ്റെ സഭയും ഇന്ന് മറ്റുള്ളവരെ ആ നിലയിൽ അനുഗ്രഹിക്കുന്നു അവരെ പാപത്തിൽ നിന്ന് ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നു അവരുടെ പാപത്താൽ അന്ധകാരമായി പോയ കണ്ണുകളെ തുറക്കുന്നു അവരുടെ പാപത്തിൻ്റെ തടവറയിലായവരെ സ്വാതന്ത്ര്യരാക്കുന്നു എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ആ നിലയിൽ വിടുവിച്ചയക്കാനും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യരാക്കാനും അവരോട് സുവിശേഷം പ്രസംഗിപ്പാനും അങ്ങനെ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഘോഷിക്കാനുമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ദൗത്യം നമുക്ക് ശരിയായി നിർവഹിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം യേശു ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നിന്ന് താനീ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാരണങ്ങൾ പ്രസ്താവിക്കുന്ന ഭാഗം എടുത്ത് വായിച്ചതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ കർത്താവ് വന്ന് ആ നിലയിൽ സംസാരിച്ചത് താൻ വളർന്ന നസ്രേത്തിലെ പള്ളിയിലായിരുന്നു എന്നതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ പതിനാറാമത്തെ വാക്യത്തിൽ യേശു ചെറുപ്പകാലം ചെലവഴിച്ച നസ്രേത്ത് എന്ന ഗ്രാമത്തിലെ പള്ളിയിൽ ചെന്നാണ് ദരിദ്രന്മാരോട് സുശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു എന്നുള്ള ആ ഭാഗം വായിക്കുന്നതും തുടർന്ന് പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവങ്കൽ പതിഞ്ഞിരുന്നു ആദ്യം അവരെന്ത് ചെയ്തു ആദ്യം ആ നസ്രയത്തിലുള്ളവരെല്ലാവരും അവനെ പുകഴ്ത്തി ഇവൻ ജോസഫിൻ്റെ മകനല്ലെയോ ജോസഫിനെ അവർക്കറിയാം അവരുടെ ഗ്രാമത്തിൽ പാർത്തിരുന്നതാണ് ആ ഭാഗങ്ങളൊക്കെ അവർ ആദ്യം യേശുവിനെക്കുറിച്ച് അഭിനന്ദനപൂർവ്വം പല കാര്യങ്ങൾ പറയുന്നു എന്നാൽ അതിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് ലൂക്കോസിൻ്റെ സുവിശേഷ 28-29 ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ യേശു തുടർന്ന് പ്രസ്താവിച്ച കാര്യങ്ങളിൽ അവർ കോപം എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പടുന്നിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി യേശുവിനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു എന്നാൽ അത്ഭുതം യേശു അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് തുടർന്ന് അതിൻ്റെ മുപ്പത്തൊന്നാം വാക്യത്തിൽ യേശു ഗലീലയിലെ പട്ടണമായ കഫർ നൂമിൽ ചെന്നു നമുക്കറിയാവുന്നിടത്തോളം യേശു പിന്നീട് ഒരിക്കലും നസ്രയത്തിലേക്ക് പോയിട്ടില്ല നസ്രയത്തിലെ തൻ്റെ അവസാനത്തെ സന്ദർശനമായിരുന്നു ഇത് ആ നസ്രയത്തിലുള്ളവർ അവനോട് കോപിച്ച് അവനെ പിശാചിനാൽ ഉദ്യുക്തരായി അവനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച് തലകീഴായിട്ട് തള്ളിയിടുവാൻ ഭാവിച്ചു മലയുടെ മുകളിൽ നിന്ന് എന്നാൽ യേശു അത്ഭുതമായിട്ട് അവിടെ നിന്ന് അവരുടെ നടുവിൽ കൂടി കടന്നുപോയി ഇതാണ് താനെ പാർത്തിരുന്ന ചെറുപ്പം പാർത്തിരുന്ന ആ നസ്രയത്തിലെ ജീവിത സന്ദർഭം യേശുവിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് യേശുവിനെ നസ്രായൻ എന്നാണല്ലോ വിളിക്ക വിളിച്ചത് നമ്മൾ മത്തായി എഴുതിയ അസോസിയേഷൻ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവന് നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ അരളി ചെയ്തിരുന്നതനുസരിച്ച് അവന് അങ്ങനെയായി തീർന്നു നസ്രത്തിൽ ചെന്ന് പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ യേശു അങ്ങനെ നസ്രേൻ എന്ന് വിളിക്കപ്പെടും എന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രത്യേകം ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് മത്തായി ഈ നിലയിൽ ഇങ്ങനെ രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ മത്തായി രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അറിയിൽ ചെയ്തത് അപ്പോൾ പല പ്രവാചകന്മാരുടെ പല പ്രവചനങ്ങൾ പലയിടത്തുനിന്ന് എടുത്ത് ചിന്തിച്ചാൽ അവൻ നസ്രയത്തിൽ ചെന്ന് പാർക്കുമെന്നും അങ്ങനെ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുമാണ് നമുക്ക് ചിന്തിക്കാവുന്നത് ഏതെങ്കിലും ഒരു പ്രവചന പ്രവചനത്തിൽ യേശു നസ്രത്തിൽ പാർക്കുമെന്നോ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നോ നമ്മൾ കാണുന്നില്ല അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് അതിന് രണ്ട് ചിന്തകളാണ് പറയുന്നത് ഏഷയ്യാവിൻ്റെ പ്രവചനം പതിനൊന്നിൻ്റെ ഒന്നാണ് മത്തായി ഉദ്ദേശിക്കുന്നത് ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും ഇഷായി ഏഷയ്യാവിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ ഒന്ന് അവിടെ ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് ഉള്ളത് റോഡെന്ന് ഇംഗ്ലീഷിലും മുളയെന്ന് മലയാളത്തിലും വിവർത്തനം ചെയ്തിരിക്കുന്നതിൻ്റെ എബ്രായ പദം നെറ്റ്സർ എൻ നെറ്റ്സർ എന്നാണെന്നും ആ പദം നസ്രയൻ എന്ന് വ്യാഖ്യാനിച്ചതാണെന്നും ആണ് ഒരു ചിന്ത രണ്ടാമത്തെ ചിന്ത നസ്രയത്ത് അന്ന് ആ നിലയില് ആളുകൾ വളരെ ഒരു ഓണം കേറാമൂലയായിട്ട് ചിന്തിച്ച് ആളുകളുടെ ദൃഷ്ടിയിൽ ഒരു അപമാനത്തിൻ്റെ സ്ഥലമായിരുന്നു അതുകൊണ്ട് യേശു അപമാനിക്കപ്പെടും എന്നുള്ളതാണ് നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നുണ്ട് കാര്യം നടനയിൽ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ യോഹൻ ഞാൻ ഒന്നിൻ്റെ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നശ്രയത്തിനെ ഉള്ള ഒരു ചിന്ത ഒരു നന്മയും വരാത്ത സ്ഥലം എന്നുള്ള നിലയിൽ അതിനെ ആളുകൾ അവജ്ഞയോടെ കണ്ടിരുന്ന സ്ഥലമാണ് യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഐശയ്യാവ് അമ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു അതുപോലെ മഷിഹാ സങ്കീർത്തനമായി ഇരുപത്തിരണ്ടിൻ്റെ ആറിലും പറയുന്നുണ്ട് അവൻ മനുഷ്യനല്ല ഒരു കൃമി അത്രേ അധികാരത്തിന് പാത്രവും ജനത്താൽ നിന്ദിതനുമായിരിക്കും അപ്പം നോക്കുക നസ്രായെന്ന് പറഞ്ഞതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഐശയ്യാവ് പതിനൊന്നിൻ്റെ ഒന്നിൽ നെറ്റ്സർ എന്ന് പറഞ്ഞിരിക്കുന്നത് നസ്രായൻ എന്ന് വ്യാഖ്യാനിക്കാം രണ്ട് പൊതുവായ അർത്ഥത്തിൽ അവൻ നിന്ദിക്കപ്പെടും എന്നതിൻ്റെ അർത്ഥമാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഏതായാലും യേശു അവിടെ നിന്ന് നസ്രയത്തിൽ നിന്ന് യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു അതിൻ്റെ നാലിൻ്റെ ലൂക്കോസ് നാലിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇതാണ് യേശു കഫർനഹൂമിൽ ചെല്ലുന്നു അവിടെ പല അത്ഭുതങ്ങൾ കാണിക്കുന്നു അപ്പം നസ്രത്തിൽ നിന്നുണ്ടായ നഷ്ടം ഖഫർ നഹൂമിൻ്റെ ലാഭമായി തീർന്നു യേശു അവിടെ പലരെയും പല നിലയിൽ സൗഖ്യമാക്കുന്നു യേശു കാണിച്ച എല്ലാ ഭൗതികമായ അത്ഭുതങ്ങളും അല്ലെങ്കിൽ യേശു കൊടുത്ത എല്ലാ രോഗസൗഖ്യങ്ങളും ആത്മീക തലത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളോട് താതാൽമ്യപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്നതാണ് വളരെ വേഗത്തിൽ ലൂക്കോസിലെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തുടർന്ന് യേശു ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികളെ നമുക്കങ്ങനെയൊന്നും നോക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യത്തിൽ കഫർനഹൂമിലെ പള്ളിയിൽ ചെന്ന് അവിടെ പള്ളിയിൽ വെച്ച് ഒരു അശ്വതാൽമാവ് ബാധിച്ച അശ്വതാത്മാക്കൾ ബാധിച്ച് ഒരുവനെ സൗഖ്യമാക്കുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത് പാപത്തിൻ്റെ പാപം എപ്പോഴും എന്താ അഴുക്കും മാലിന്യവും കർത്താവിലൂടെ അതിൽ നിന്ന് മോചനമുണ്ട് എന്നതാണ് അത് കാണിക്കുന്നത് നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ടോ മുപ്പത്തി വാക്യങ്ങളിൽ വരുമ്പോൾ പത്രാവൂസിൻ്റെ അമ്മായിയമ്മയുടെ പനി സൗഖ്യമാക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ബലഹീനതയുണ്ടാക്കുന്നതാണ് കർത്താവിൽ അതിൻ്റെ വിടുതലുണ്ട് അഞ്ചാം അധ്യായം ലൂക്കോസ് അഞ്ചിൻ്റെ പന്ത്രണ്ട് പതിനാറിൽ കുഷ്ഠരോഗിയുടെ സൗഖ്യം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പതിനേഴിൻ്റെ ലൂക്കോസ് പതിനേഴിൻ്റെ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങളിൽ പത്ത് കുഷ്ഠരോഗികളുടെ സൗഖ്യം നമ്മൾ കാണുന്നുണ്ട് കുഷ്ഠരോഗം പാപത്തിൻ്റെ നിഴലാണ് പാപത്തിൻ്റെ ആ നൃകൃഷ്ടതയിൽ നിന്നും പ്രത്യാശയില്ലായ്മയിൽ നിന്നുമുള്ള വിടുതല് കർത്താവിലാണുള്ളത് എന്നതിൻ്റെ നിദർശനമാണ് ആ കുഷ്ഠരോഗികളുടെ സൗഖ്യം എന്ന് നമുക്ക് ചിന്തിക്കാം അതുപോലെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് ഇരുപത്താറ് വാക്യങ്ങളിൽ നാലു പേർ ചേർന്ന് പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവരികയും യേശു സൗഖ്യമാക്കുകയും ചെയ്തത് കാണുന്നു പാപം എപ്പോഴും നമ്മളെ നിർജ്ജീവരാക്കും നമ്മളെ ഒന്നും ചെയ്യാൻ ആത്മീകമായിട്ടൊരു ചെറിയ കാര്യം പോലും ചെയ്യാൻ കഴിവില്ലാതെ പക്ഷവാതം പിടിച്ച അവസ്ഥയിലാക്കും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവ് തരും എന്നതാണ് ആ അത്ഭുതം നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ഏഴാമധ്യായം ലൂക്കോസ് ഏഴിൻ്റെ പതിനൊന്ന് പതിനേഴ് വാക്യങ്ങളിൽ നയീനിലെ നയീനിലെ നയീനിലെ വിധവയുടെ മകനെ ജീവനിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ എട്ടാമധ്യായം നാൽപ്പത്തി ഒൻപത് അമ്പത്തി ആറില് യായിറോസിൻ്റെ മകളെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താ പാപമെന്താ പാപം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് പാപത്തിലുള്ളവർ അവരെ ജീവിപ്പിക്കാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ എന്നാണത് കാണിക്കുന്നത് അതുപോലെ ലൂക്കോസ് എട്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ മറ്റൊരത്ഭുതം കാണുന്നു യേശു തടാകത്തിൽ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാൻ കർത്താവിന് കഴിയും എന്നതാണ് ആ അത്ഭുതം കാണിക്കുന്നത് ലൂക്കോസ് എട്ടിൻ്റെ ഇരുപത്താറ് മുപ്പത്തി ഒൻപതിൽ ോൻ ബാധിച്ച കല്ലറയിൽ നിന്ന് വസ്ത്രം ധരിക്കാതെ വന്ന ഒരുവനെ ഭൂതബാധിതനായവനെ യേശു സൗഖ്യമാക്കുന്നത് നമ്മൾ കാണുന്നു അതിൻ്റെ അർത്ഥം എന്താ പാപം എപ്പോഴും അങ്ങനെയുള്ളവരെ അക്രമവും അസ്ഥിരതയും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുള്ള ബഹിഷ്കരണവും ഒക്കെയാണ് പാപത്തിൻ്റെ ഫലം എന്നാൽ ഒരു പാപി മാനസാന്തരപ്പെട്ടാലോ അവന് മാന്യതയും സ്ഥിരതയും ആളുകളിൽ നിന്നുള്ള അംഗീകാരവും ലഭിക്കുന്നു എന്നതാണത് കാണിക്കുന്നത് എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് വാക്യത്തിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ഒരു സ്ത്രീക്ക് സൗഖ്യം വന്നത് നമ്മൾ വായിക്കുന്നു പാപം എപ്പോഴും ശക്തിക്ഷയവും നിരാശയും കൊണ്ടുവരും പക്ഷേ വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് തൊട്ടാൽ അതിൽ നിന്ന് അതിൽ നിന്ന് വിമോചനമുണ്ടെന്നാണ് അത് കാണിക്കുന്നത് ലൂക്കോസ് ഒൻപതിൻ്റെ പതിമൂന്ന് പതിനേഴിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നു അത് കാണിക്കുന്നത് എന്താ പാപമയമായ ഒരു ലോകം ദൈവത്തിൻ്റെ അപ്പം കിട്ടാനായിട്ടുള്ളിൻ്റെ ഉള്ളിൽ വിശപ്പുണ്ട് കർത്താവ് മാത്രമേ നമ്മുടെ ആത്മീയമായ വിശപ്പിനെ പൂർണ്ണമായി മാറ്റിത്തരൂ എന്നാണത് കാണിക്കുന്നത് ഒൻപതാം അധ്യായം ലൂക്കോസ് ഒൻപതിൻ്റെ മുപ്പത്തേഴ് നാൽപ്പത്തി മൂന്നിൽ ബാധിച്ച ഒരു മകനെയും കൊണ്ട് ഒരാൾ വരുന്നു കർത്താവ് സൗഖ്യം നൽകുന്നു പാപം എപ്പോഴും ആ നിലയിൽ ഒരു ഭൂതബാധ പോലെ ക്രൂരതയും അക്രമവും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് എന്നാൽ ആ പാപത്തിൽ നിന്നും വിടുതല് നൽകാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ അതുപോലെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനേഴ് വാക്യങ്ങളിൽ കൂനിയായ ഒരു സ്ത്രീയെ രോഗാത്മാവുള്ള ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം എപ്പോഴും വൈകല്യവും മുടന്തും വരുത്തുന്നു എന്നാൽ യേശു അതിൽ നിന്ന് വിടുതല് നൽകും പതിനാലിൻ്റെ ലൂക്കോസ് പതിനാലിൻ്റെ ഒന്ന് മുതൽ ആറു വരെ മഹോദരമുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു പാപം എപ്പോഴും ഈ നിലയിൽ ക്ലേശമുണ്ടാക്കുന്നതാണ് ദുഃഖമുണ്ടാക്കുന്നതാണ് എന്നാൽ യേശു അതിന് വിടുതൽ നൽകും ഒടുവിലായിട്ട് ലൂക്കോസ് പതിനെട്ടിൻ്റെ മുപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്നിൽ എരീഹോവിന് പോകുന്ന വഴിക്ക് കുരുടനായ ഒരു യാചകൻ യേശുവിനോട് യാചിക്കുന്നതും യേശു അവന് അവൻ്റെ അന്ധകാരം മാറ്റുന്നതും അവൻ്റെ അന്ധതയെ മാറ്റുന്നതും അവൻ്റെ കണ്ണുകളെ ആ നിലയിൽ തുറക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നു പാപമെന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ച് മനുഷ്യനെ അന്ധനാക്കുന്നു എന്നാൽ ഒരു പുതിയ ജനനം അവന് നിത്യതയെക്കുറിച്ചൊരു പുതിയ വെളിപ്പാട് നൽകുന്നു അവൻ്റെ കണ്ണുകളെ അതിലേക്ക് തുറക്കുന്നു എന്ന് നമുക്ക് പറയാം പ്രിയപ്പെട്ടവരെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തുടർന്ന് വരുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഓരോ അത്ഭുതവും കർത്താവിലുള്ള വിമോചനത്തെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഏത് തരത്തിലുള്ള അവസ്ഥയിലും നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം അങ്ങനെയുള്ള ആളുകളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാം നമുക്ക് കർത്താവിലാണ് യഥാർത്ഥമായ വിടുതലും സ്വാതന്ത്ര്യമുള്ളത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമി